നിങ്ങൾക്കു മുൻപുള്ള തലമുറകൾ അക്രമം ചെയ്തപ്പോൾ നാം അവരെ നശിപ്പിച്ചു അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു എങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല ഇപ്രകാരമാണ് കുറ്റവാളികളായ ജനതയ്ക്ക് നാം പ്രതിഫലം നൽകുന്നത്